ഖുർആാൻ നിനക്ക് നിർബന്ധമാക്കിയവൻ തീർച്ചയായും നിന്നെ നിന്റെ മടക്ക സ്ഥാനത്തേക്ക് തിരിച്ചെത്തിക്കും പറയുക ആരാണ് സന്മാർഗവുമായി വന്നതെന്നും ആരാണ് വ്യക്തമായ വഴിപിഴവിലാണെന്നും എന്റെ രക്ഷിതാവ് ഏറ്റവും നന്നായി അറിയുന്നു